അവരെ നേർവഴിയിലാക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല മറിച്ച് അള്ളാഹുസുബഹാനുഭൂവ തയാല ഉദ്ദേശിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കുന്നു നിങ്ങൾ ഏതൊരു നന്മ ചെലവഴിച്ചാലും അത് നിങ്ങൾക്കുതന്നെയാണ് അള്ളാഹുസുബഹാനുഭൂവ തായാലായുടെ പ്രീതി തേടിയല്ലാതെ നിങ്ങൾ ചിലവഴിക്കുന്നില്ല നിങ്ങൾ ഏതൊരു നന്മ ചെലവഴിച്ചാലും അത് നിങ്ങൾക്ക് പൂർണമായി നൽകപ്പെടും നിങ്ങൾ ഒട്ടും വഞ്ചിക്കപ്പെടുകയുമില്ല